സന്തോഷവാർത്ത അറിയിച്ചയാൾ വന്നപ്പോൾ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ചു ഉടനേ അദ്ദേഹം കാഴ്ച റിഗേന്ഡ് കാഴ്ച ലഭിച്ചു അദ്ദേഹം പറഞ്ഞു അള്ളാഹുസുബാനഹുവായാല വശത്തുനിന്ന് നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ